മണ്ടുത്യു വംശം വംശത്തിൽ ഭാഷ്യത്തിന്റെ മംഗളാചരണം കഴിഞ്ഞ് അടുത്തുപുഷത്തിന്റെ വ്യാഖ്യാനമാണ് അതാണ് അവിടെ തുടങ്ങുന്നത് ഓമിത്യദക്ഷണമിതം സർവം തസ്യൂപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതിരി सर्वं सर्वं യുക്കളാതീതം തോങ്കാരംേതബ്രഹ്മ सोयमात्मा സോയമാത്മാഷ്പാത് ജഗരിതസ്ഥാനോ ബഹുപ്ര सप्तांग एको സപ്തോനവിശതിമുഖ സ്ഥൂലഭുഗൈശ്വാനര പ്രഥമ പാദ സ്വപ്നസ്ഥാനോ അന്തോനവിശതിമുഖ പ്രവിഭക്തുക്ജസോ ദ്ധയ പാദ യുക്തോ നമം കാമയത്തെ കനം പശ്യത്തിഷുപ്തം സുഷുപ്തേകീഭൂ പ്രജ്ഞാനഘനന്ദമയോ േദോ മുഖ്തൃതൃതൃതീയ പദേശ്വരന്തരീയാമി എനി പ്രഭവാപ്യയൗ ഹി ഭൂതം നഹിപ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രം നദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം प्रपंचो ശമം ശം ശിവം അദ്വൈതം ചതുഥം മന്യന് സാത്മാേയ സോയമാത്മാ അധ്യക്ഷരം ഓങ്കാരോ അധിമാത്രം പാദമാത്ര മാത്ര പാദ अकार अकार प्रथमा मात्रा വൈശ്വാനരോ അഥമാ മാത്രമോതിഹ വൈ സർവാൻ കാ ആദിഷ്ടവതിവേം വേദ സ്വപ്നസ്ഥനത്തൈജസ ഉോ ദ്യാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷതി കൈ ജ്ഞാനസന്തതി സമാനശ്ചോതി നബ്രഹവിദ സഷുപ്താ മകാരൃതീയാത്രീത്തെർ മിനോതിഹവാ ഇതം അപീതിഷ്ടവതിേദോ അംവ്യവഹാര പ്രോപശമ ശിവോ അദ്വൈതം ഓങ്കാരത്മൈവ സംവിശതി ആത്മന ആത്മാനം ഈ പന്ത്രണ്ട് മന്ത്രങ്ങൾ വ്യാഖ്യാനമാണ് തുടർന്ന് വരുന്ന കാര്യകയും ഭാഷയും അത് പദം പിരിച്ച് അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നത് നല്ലതാണ് ഭാഷകാരൻ അവന്റെ ആദ്യത്തെ മന്ത്രം വ്യാഖ്യാനിക്കാൻ ആരംഭിക്കുകയാണ് ഓമിത്യത് ദക്ഷിണവ്യാഖ്യാനം തുടങ്ങുന്നത് വേദാന്തർത്ഥ സാരസംഗ്രഹഭൂതം ഇതം പ്രകരണചതുയം ഓമിത്യേത ദക്ഷരം ഇത്യാദി ആരഭ്യത ഓമിത്യേത ദക്ഷരം ഇതം സർവം എന്നാണ് ഉപനിഷത്ത് ഇറങ്ങുന്നത് ഓം എന്ന ഈ അക്ഷരം ഓമെന്ന ഏകാക്ഷരം അകാരോകാരമങ്ങൾ കൂടിച്ചേർന്ന യകാക്ഷരം ഈ അക്ഷരമാണ് ഇത് സർവവും എന്നാണ് ഇവിടെ പറയുന്നത് അതിനെ കുറിച്ച് ഭാഷകാരൻ പറയുന്നത് ഇത് ഇനി ഇവിടെ പറയാൻ പോകുന്നു ഇതിന് പ്രകരണചതുഷ്ടയം നാല് പ്രകരണങ്ങളായി വിഭജിച്ചിരിക്കുന്നു ആ നാല് പ്രകരണങ്ങളെ കുറിച്ചും അടുത്ത തന്നെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് വ്യാഖ്യാനിക്കും പ്രകരണം എന്ന് പറയുന്നതിന് എന്താണ് കാരണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കാരണം ഇത് അദ്വൈതശാസ്ത്രത്തിലെ നിർഗുണം ബ്രഹ്മം എന്ന് പറയുന്ന മുഖ്യമായ ആ പ്രാധാന്യം കൊടുത്ത് വിശദീകരിക്കുന്നു മറ്റ് അദ്വൈത സംബന്ധിയായിട്ടും ബ്രഹ്മസൂത്രത്തിനും മറ്റും വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ അതിലൂടെ ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ പ്രകരണം എന്ന് പറയുന്നു എന്നും മറ്റും ഭാഷവ്യാഖ്യാവായ ആനന്ദഗിരി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പ്രകരണചതുഷ്ഠയും നാല് പ്രകടനങ്ങളുണ്ട് ഓമിത്യത് ദക്ഷനം ഇത്യാഗ്യാരംഭി ആ നാല് പ്രകടനങ്ങളുടെയും തുടക്കമാണ് എന്ന് പറയുന്ന സ്പ്രഷ്ടമാണ് ഇവിടെ ഓങ്കാരത്തെയാണ് പറയുന്നത് ഓങ്കാരമാണ് സർവവും എങ്ങനെ ഓങ്കാരം സർവവുമാകും അത് ഇനി വിശദീകരിക്കും അതേവന പൃഥക് സംബന്ധ വിധേയ പ്രയോജനാനി വക്തവ്യാനി സാധാരണ ഒരു ഗ്രന്ഥാഖ്യാനത്തിന്റെ മര്യാദ അനുസരിച്ച് പറയുകയാണ് അതിന്റെ തുടക്കത്തിൽ വിഷയ സംബന്ധം പ്രയോജനം തുടങ്ങിയ കാര്യങ്ങൾ പറയണം അനുബന്ധമെന്ന് പറയും അതിവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പൃഥക്സംബന്ധ അഭിജയപ്രയോജന വക്തവ്യാനി ഞാൻ ജീവാന്തസംബന്ധ അഭിജേയ പ്രയോജനാനി താൻ ജീവ ഇഹഭിതമർഹന്തി വേദാന്തത്തിൽ പൊതുവെ ഏതാണോ വിഷയം സംബന്ധം പ്രയോജനം അത് തന്നെയാണ് ഇവയും ഇവിടെ പുതുതായിട്ടൊന്നും പറയാനില്ലാധിഖ്യാസന സംക്ഷേപത എന്നാലും ഈ പ്രകരണത്തെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതൊന്ന് ചുരുക്കി പറയണം അതുകൊണ്ട് അതിനൊന്ന് പരാമർശിക്കുന്നു എന്താണ് ഇവിടുത്തെ വിഷയം പറയാൻ പോകുന്ന അത് എന്താണ് സംബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അത്ര പ്രയോജനവത്ത് സാധന അഭിവ്യഞ്ജകത്വന അഭിധേയസംബന്ധം ശാസ്ത്രം പാരമ്പര്യേണ വിശിഷ്ട സംബന്ധ അഭിധേയ പ്രയോജനവത്ഭവതി പ്രയോജനം എന്താണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വീണ്ടും മോഷിതാരം പറയും നേരിട്ട് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പ്രയോജനം മോക്ഷം അതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം ശാസ്ത്രം എങ്ങനെ മോക്ഷത്തിൽ തരും ശാസ്ത്രം എന്നൊരു ശബ്ദാത്മകമാണ് ശബ്ദം അത് പറയുന്നത് കൊണ്ടോ അത് കേൾക്കുന്നത് കൊണ്ടോ എങ്ങനെ മോക്ഷം സംഭവിക്കും ഇവിടെ പറയുന്ന ശാസ്ത്രം ഉപനിഷത്ത് ശാസ്ത്രം എല്ലാ ശാസ്ത്രവും മോക്ഷത്തിനുപകരിക്കത്തി അനാത്മശാസ്ത്രങ്ങളിൽ ഒരുപാട് ആത്മതത്വത്തെക്കുറിച്ച് പറയാത്ത ശാസ്ത്രം അത് മോക്ഷത്തിന് ഉപകരിക്കില്ല ആത്മവിദ്യയെ പ്രതിപാദനം ചെയ്യുന്ന ശാസ്ത്രം അത് മോക്ഷത്തിന് ഉപകരിക്കും ശബ്ദാത്മകമായിരിക്കുന്ന ഈ ശാസ്ത്രം എങ്ങനെ മോക്ഷത്തു കൊടുക്കും ശബ്ദമെന്ന് പറയുന്നതും ഒരു കാര്യമാണ് നശിക്കുന്നതാണ് അതെങ്ങനെയാണ് മോക്ഷത്തെ നൽകുന്നത് പറയുന്നു അത് പാരമ്പര്യമാണ് നേരിട്ടല്ല നേരിട്ട് മോക്ഷത്തെ നൽകുന്നതിന് ശാസ്ത്രം സമർത്ഥമല്ല അത് അംഗീകരിക്കുന്നു പക്ഷെ പരമ്പരയെ അത് മോക്ഷത്തെ കൊടുക്കും എന്തുകൊണ്ട് പറയുന്നു പ്രയോജനവത്ത് ശാസ്ത്രം ശാസ്ത്രം പ്രയോജനവത്താണ് മോക്ഷമാകുന്ന പ്രയോജനത്തോടുകൂടി ഇതാണ് സാധന അഭിവ്യഞ്ജകത്വേനാ അതെങ്ങനെ മോക്ഷത്തെ നൽകുന്നു അത് സാധനത്തെ പ്രകാശിപ്പിക്കും ശാസ്ത്രം മോക്ഷത്തിന്റെ ഉപായം എന്താണ് എന്ന് നമ്മളെങ്ങനെ അറിയും അവർ എന്താണ് ശാസ്ത്രത്തെ ആശ്രയിക്കുക ശാസ്ത്രം പറയുന്നു മോക്ഷം സാധ്യമാണെങ്കിൽ അതിന് സാധനം ഇന്നതാണ് എന്ന് പറയും ഇവിടെ വേദാന്തശാസ്ത്രം സാധനമായിട്ടെന്താണ് നിർദ്ദേശിക്കുന്നത് വിചാരം വേദാർത്ഥത്തെ ചിന്തിക്കുക അതാണ് സാധനം ആ സാധനത്തെ ഇത് പ്രകാശിപ്പിക്കുന്ന ശാസ്ത്രം ഇതിന്റെ മനനം അതിനെ തന്നെ നമ്മൾ ശ്രഗുണം മനനം നിധിതിഹാസനം എന്തെല്ലാം പറയുന്നു അങ്ങനെ വികാരം ചെയ്യുമ്പോൾ എന്ത് വരുന്നു അതിൽ അതിന്റെ വിഷയം എന്താണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്നു അദ്വൈതശാസ്ത്രം എന്താണ് വിഷയമായിട്ട് പറയുന്നത് നിർഗുണ ബ്രഹ്മത്തെ ജീവാത്മ പരമാത്മേകത്വത്തെ അതിനെ ബോധിപ്പിക്കുന്നു അപ്പം ശാസ്ത്രത്തിന് അതിൽ പ്രതിപാദനം ചെയ്യുന്ന ആ വിഷയവുമായിട്ടൊരു ബന്ധം ശാസ്ത്രം അതിൻ്റെ ബോധകമാണ് ശാസ്ത്രത്തിലൂടെ ബോധിക്കപ്പെടുന്നതാണ് വിഷയം ശാസ്ത്രം അതിൻ്റെ വാചകമാണ് ശാസ്ത്രത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ് വാച്യം വിഷയം ശാസ്ത്രം അതിൻ്റെ രക്ഷകമാണ് ശാസ്ത്രത്തിലൂടെ ലക്ഷ്യപ്പെടുന്നതാണ് വിഷയം പരമാത്മാവ് ഇങ്ങനെ പലതരത്തിൽ ശാസ്ത്രത്തിനും ആ വിഷയത്തിനും തമ്മിൽ ബന്ധം പറയാതാണ് അവിധേയസംബദ്ധം അവിധേയവുമായി ബന്ധമുള്ളതാണ് ഈ പ്രയോജനവത്തായ ശാസ്ത്രം അത് നേരിട്ടല്ലെങ്കിൽ ശബ്ദം ബ്രഹ്മത്തിന്റെ ഒരു കാര്യമാണ് ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ടതിനാ നേരിട്ട് എതിരിട്ട് ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ സാധ്യമാണ് അതുകൊണ്ടിവിടെ പറയുന്നു പാരമ്പര്യണ ശാസ്ത്രത്തിന്റെ വിചാരത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു ആ ബോധം ആത്മബോധത്തിന് തടസ്സമായിരുന്ന അജ്ഞാനത്തെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു ആത്മബോധം സ്ഫുരിക്കുന്നു ഇതാണ് പാരമ്പര്യം വിശിഷ്ട സംബന്ധ അവിധേയ പ്രയോജനവത് ബോധി ഒരു ശാസ്ത്രത്തിന് ആ പ്രയോജനപത്തായ ശാസ്ത്രത്തിന് വിശിഷ്ടമായ സംബന്ധം അവിധേയം പ്രയോജനം എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മോക്ഷയെച്ഛുവായ ഒരാൾ ആത്മമോചനത്തെ ആഗ്രഹിച്ചിട്ട് അയാൾ അന്വേഷണം അന്വേഷണം തുടങ്ങുമ്പോൾ അതിന് ഈ ശാസ്ത്രവുമായിട്ടെന്താ ബന്ധം മോക്ഷം നേടുന്നതിന് പലർക്കും പല വഴികളും നിർദ്ദേശിക്കാനുണ്ട് യോഗമുണ്ട് ധ്യാനമുണ്ട് ഭക്തിയുണ്ട് പല പല അനുഷ്ഠാനങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ശാസ്ത്രവും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് വിവേകമുളവൻ ചിന്തിക്കും ചിന്തിച്ചിട്ട് അവന് മാത്രമേ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അയാൾ ശാസ്ത്രത്തെ അവലംബിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപായത്തെ അയാൾ സ്വീകരിക്കും മറ്റെന്തെങ്കിലും ഉപായത്തിലൂടെ മോക്ഷമാകാമെന്ന് ഭ്രമിക്കും ഇവിടെ വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണോ വേദാന്ത ശാസ്ത്രത്തെ ആശ്രയിക്കാ ഏതെങ്കിലും തരത്തിൽ ആശ്രയിക്കാം മോക്ഷം ഒരു ജീവനും മോക്ഷം സാധ്യമല്ല എന്നാണ് പറയുന്നത് അതിലൂടെ നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കും പക്ഷെ വേദാന്ത ശാസ്ത്രത്തിന്റെ നിലപാട് ശാസ്ത്രത്തിന്റെ സഹായം കൂടാതെ മോശസാധ്യമല്ല എന്നാണ് അത് വേണമെന്നുള്ളവർക്ക് അവരോട് പറയുകയാണ് നിങ്ങൾ ശാസ്ത്രത്തെ ആശ്രയിച്ചേ മതിയാവാം ശാസ്ത്രം മാത്രം മതിയോ എന്ന് ചോദിക്കും ശാസ്ത്രം എന്താണ് നേരിട്ട് മോക്ഷത്തെ എടുത്തു തരുമോ അതൊന്നുമല്ല പറയുന്നത് അങ്ങനെയുള്ള കുറഞ്ഞെന്താണോ അതിന് പാരമ്പര്യജേണ പരമ്പരയായ ഒരു ബന്ധം അതിന് മോക്ഷമായിട്ടുണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല അവിടെ മറ്റെല്ലാം വരും ഗുരു വരും മറ്റ് സാധനങ്ങൾ വരും ശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ട് അതാണ് സംബന്ധമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം തരത്തിൽ നമുക്ക് ശാസ്ത്രത്തിന് മോക്ഷവുമായി ബന്ധപ്പെടുത്താമോ അതെല്ലാം സംബന്ധമായ അനേക സംബന്ധങ്ങളാണ് അനന്തമായ സംബന്ധങ്ങളാണ് അവിടെ വിഷയം മോക്ഷത്തിന് ഉപകരിക്കുന്നതെല്ലാം വിഷയമാണ് പ്രയോജനമൊന്നേ ഉള്ളൂ സംസാരം നിപുർത്തി പരമാത്മപ്രാപ്തി രണ്ടുമൊന്ന് തന്നെ ആനന്ദപ്രാപ്തി ചെയ്യുന്നു പരമാത്മപ്രാപ്തി ചെയ്യുന്നു സംസാരം നിവൃത്തിയിരുന്നു ഇതെല്ലാമാണ് ഇതിന്റെ പ്രയോജനം ഇപ്പൊ ശാസ്ത്രം നിഷ്പ്രയോജനം എന്ന് ചിലടത്ത് പറയുന്നതോ പല മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം നിഷ്പ്രയോജനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് ഒന്നിനും നേരിട്ട് മോക്ഷത്തെ നൽകുന്നതിന് ശക്തിയില്ല അതിശാസ്ത്രത്തിന് ശക്തിയില്ല അങ്ങനെ ആരെങ്കിലും ഭ്രമിച്ചു പോയാൽ ശാസ്ത്രം മതി ഈ ശബ്ദം മതി ഈ ശബ്ദം മോക്ഷത്തെ നേരിട്ട് നൽകുകയെന്ന് ഭ്രമിച്ചു പോയാൽ ആ ഭ്രമത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ശാസ്ത്രം മോക്ഷത്തിന് ഉപകരിക്കത്തില്ല അപ്പോൾ അതിനൊരു ശരീര വശവും ഒരു അബദ്ധത്തിന്റെ വശവും ശാസ്ത്രം നേരിട്ട് നമുക്ക് മോക്ഷത്തെ നൽകുന്നുവെന്ന് നമ്മൾ ഭ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റും അതിനുള്ള കിൽപ്പ് ശബ്ദത്തിനില്ല പക്ഷെ അതിനെ നമ്മൾ സഹായിക്കാൻ പറ്റും ശാസ്ത്ര വിചാരം തത്വബോധത്തിലേക്ക് ഒരു ജീവനെ നയിക്കും അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഭാഷകാരൻ ഇത്രയും പറഞ്ഞത് കിം പുനഃത്തെ പ്രയോജനം ഇത് ചെറിയ എന്താണ് പ്രയോജനം ഭാഷകാലം തന്നെ വ്യാഖ്യാനിക്കുന്നു രോഗാർത്ഥ രോഗം നിധ ദുഃഖാത്മകനോ ദ്തപ്രപഞ്ചോപശമേ സ്വസ്ഥത രോഗത്തെക്കുറിച്ചും സ്വസ്ഥതയെക്കുറിച്ചും ആയുർവേദശാസ്ത്രത്തിൽ പറയുന്ന എന്താണ് ശരിക്കും സ്വസ്ഥത എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളതാണ് എപ്പോഴും ഉള്ളതാണെന്ന് പറഞ്ഞാൽ രോഗമുള്ളപ്പോഴും ഉള്ളതാണ് സ്വസ്ഥത രോഗമില്ലാത്ത അവസ്ഥയാണ് സ്വസ്ഥത പക്ഷെ അത് രോഗമുള്ളപ്പോഴും ഉണ്ടെന്നാണ് എങ്ങനെ അപ്പോൾ പിന്നെ രോഗമെന്താ ചെയ്യുന്നത് രോഗം കേവലം സ്വസ്ഥതയ്ക്കൊരു പ്രതിബന്ധം സൃഷ്ടിക്കുന്നേ ഉള്ളൂ സ്വസ്ഥതയെ നശിപ്പിക്കാനൊരിക്കലും രോഗത്തിന് സാധ്യമല്ല മറിഷെന്ത ചെയ്യുന്നു രോഗം സ്വസ്ഥതയെ കീഴ്പ്പെടുത്തുന്നു നോക്ക് പറയാം സ്വസ്ഥതയ്ക്കതൊരു പ്രതിബന്ധമായി നിലനിൽക്കുന്നു അത് രോഗം വരുന്നതിന് മുമ്പും രോഗമുള്ളപ്പോഴും രോഗം മാറിയാലും സ്വസ്ഥതയ്ക്കൊരു മാറ്റമുണ്ട് അത് അങ്ങനെയാണ് നിലനിന്നു പക്ഷെ രോഗത്തിന് സ്വസ്ഥതയ്ക്ക് പ്രതിബന്ധത്തെ സൃഷ്ടിക്കാൻ പറ്റും ചികിത്സയെന്തിനാ ആ പ്രതിബന്ധത്തെ മാറ്റാൻ പ്രതിബന്ധത്തെ മാറ്റുമ്പോ പുതിയൊരു സ്വസ്ഥത അവിടെ കൊണ്ടുവരികയല്ല അന്നുവരെ ഇല്ലാതിരുന്ന നിലവിലുള്ള സ്വസ്ഥതയുടെ പ്രതിബന്ധം മാറുകയായി ചെയ്യുന്നത് ഇതാണ് രോഗവും ചികിത്സയും സ്വസ്ഥതയും തമ്മിലുള്ള പരസ്പര ബന്ധം അല്ല ഒരിക്കലും രോഗത്തിന് സ്വസ്ഥതയെ നശിപ്പിക്കാൻ ഒക്കത്തില്ല എന്തുകൊണ്ട് സ്വരൂപമാണ് അതിന് രോഗത്തിന് കുറച്ച് സമയത്തേക്ക് ഒന്ന് തടഞ്ഞു വയ്ക്കാമോ അല്ലെങ്കിൽ ഒന്ന് കീഴ്പ്പെടുത്താമോ അല്ലാതെ ഇല്ലാതാക്കാൻ സാധ്യത ഇല്ലാതായെങ്കിൽ സ്വസ്ഥത ചികിത്സ കൊണ്ട് അത് തിരിച്ചു വരത്തില്ല നിശ്ചിതങ്ങനെ തിരിച്ചു വരും അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ രോഗാർദ്ധസ്യ രോഗപീഡിതന് രോഗനിവൃത്തവും സ്വസ്ഥത രോഗനിവൃത്തിയിൽ സ്വസ്ഥത വെളിപ്പെടുന്നു ആ സ്വസ്ഥത രോഗാവസ്ഥയിലുണ്ടായിരുന്ന ുഃഖാത്മകശ്യാത്മനോ അതുപോലെയാണ് ആത്മാവും ദുഃഖവും ദുഃഖം സംസാരം എന്നെല്ലാം പറയുന്നതാണ് അത് ആത്മാവ് ദുഃഖാത്മകമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മാവിൽ ദുഃഖത്തെ കൽപ്പിച്ചിരിക്കുന്നു എന്നേ ആത്മാവിന്റെ സ്വതേയുള്ള ആവിർഭാവത്തിന് സ്ഫുരണത്തിന് ദുഃഖം ഒരു പ്രതിബന്ധമായി നിൽക്കുന്നുണ്ടേയാണ് അല്ലാ ദുഃഖത്തിനൊരിക്കലും ആത്മാവിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല ദുഃഖം കേവല പ്രതിബന്ധകം മാത്രമാണ് അതിന്റെ സ്വതസിദ്ധമായ ആ സ്ഫുരണത്തിന് സ്വസ്ഥത അത് പ്രകടമാകുന്നതിന് രോഗം തടസ്സമായി നിൽക്കും പോലെ ലൗകികമായ ദൃഷ്ടാന്തം പറഞ്ഞു അതുപോലെ ദുഃഖാത്മക ദുഃഖമാത്മകം എന്ന് വെച്ചാൽ ദുഃഖം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു തന്നെ എന്താണ് അവിടുത്തെ ദുഃഖം ഈ ദൈതപ്രപഞ്ചം തന്നെ ഈ നാനാത്വബോധം തന്നെ ദുഃഖം ആ നാനാത്വബോധം ദുഃഖത്തെ ഉണ്ടാക്കുന്നു ആ നാനാത്വബോധം സ്വയം ദുഃഖരൂപമായി വരിക്കുന്നു രണ്ട് സംഭവിക്കുന്നു അതാണ് അടുത്ത് പറയും പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം പ്രപഞ്ചപ്രതീതിയുണ്ടോ അവിടെ ദുഃഖമുണ്ട് പ്രപഞ്ചപ്രതീതി നിലനിർത്തിക്കൊണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല ആർക്കും സാധ്യമല്ലെന്ന് ചോദിച്ചാൽ സാധ്യമല്ല എന്തുകൊണ്ട് പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ് ആ ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തിൽ സുഖവും ദുഃഖവും രണ്ടുമുണ്ട് അത് രണ്ടും ഉണ്ടായിരിക്കുമ്പോൾ രണ്ടിന്റെയും ബോധാവനുണ്ടാവും അത് ഒരുവനെ എത്രമാത്രം ബാധിക്കുന്നു ബാധിക്കുന്നില്ല അത് അടുത്ത ചോദ്യവും സമാധാനവുമാണ് പക്ഷെ അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്ന എന്താണ് പ്രപഞ്ച ഉപശമം അടുത്ത് ശ്രുതി പറയും പ്രപഞ്ച ഉപശമം ഇവിടെ സാധിക്കുന്നുവോ അവിടെ ശാന്തം അവിടെ ദുഃഖം അതാണ് ഇവിടെ പറയുന്നത് ദവൈത പ്രപഞ്ചവശമേ സ്വസ്ഥത ഈ ദുഃഖത്തിൽ നിന്ന് ജീവനുണ്ടാകുന്ന തനിക്കുണ്ടാകുന്ന സ്വസ്ഥത ഈ ദൈതപ്രപഞ്ചത്തിന്റെ ഉപശമത്തിലാണ് ആ സ്വസ്ഥത നമ്മൾ പ്രതിദിനം അനുഭവിക്കുന്നുണ്ട് ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും ഒന്ന് സഹായം കൂടാ പ്രതിദിനം നമ്മൾ അസ്വസ്ഥതയിൽ കഴിയുന്നുണ്ട് അതാണ് അവിടെ ശ്രുതി ഇനി എന്താണ് ശാന്തം ശിവം എന്ന് പറയുന്നതാണ് ദൈനംദിന അനുഭവത്തിൽ നമുക്കത് വരുന്നത് സുഷുപ്തി ഗാഢ് നിദ്ര എന്നുള്ളതാണ് അവിടെ പ്രപഞ്ചവശമം സംഭവിച്ചിരിക്കുന്നു അതെങ്ങനെ എന്ന് ചോദിച്ചാലും നമുക്ക് വിശദീകരിക്കാനൊന്നും പറ്റത്തില്ല അവിടെ യുക്തിയൊന്നും കടന്നു വരത്തില്ല പക്ഷെ അങ്ങനെ അത് സംഭവിക്കുന്നുണ്ട് സഹജമായി സംഭവിക്കുന്നുണ്ട് പ്രപഞ്ചവശമം അവിടെ പരിപൂർണമായ അസ്വസ്ഥത ഉണ്ട് പറയുന്നത് സുഷക്തിയോ അതൊരു ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തമാണ് ഗുരുവനെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തത്തിന്റെ അനുഭവം അതാണ് ഒരുവനെ ഈ പൂർണ്ണ സ്വസ്ഥത വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ച വേണ്ടി പരിശ്രമിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് സഹജമായി അവനോട് വന്നുചേരുന്ന അസ്വസ്ഥതയാണ് പ്രപഞ്ചത്തിന്റെ ഉപശമരൂപത്തിലുള്ള സുഷുദ്ധിക്കാണ് ഇവിടെ അയ്യൂവംശത്തിൽ വിശേഷിച്ച് മണ്ഡലത്തിൽ സുഷുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട് സുഷുദ്ധിയെ വളരെ മുഖ്യമായ ഒരു നിഷ്ടാന്തമായി സ്വീകരിച്ചു കൊണ്ടാണ് കൊടുത്ത ചർച്ചകളല്ല പ്രപഞ്ചമോക്ഷസാധ്യമാണോ എന്നുള്ളതിന് അനുഭവത്തെ ദൃഷ്ടാന്തമായി കാണിക്കുന്നതാണ് സുഷ അതുമാത്രമേ ദുഃഖനിവൃത്തിക്ക് ഉപായമുള്ളൂ എന്നും പറയുന്നുണ്ട് പ്രപഞ്ചകൗശമം മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നു അദ്വൈതഭാവ പ്രയോജനം അതാണ് ദ്വൈതമില്ലെങ്കിൽ പിന്നെ അദ്വൈതം തന്നെ അദ്വൈതം എന്ന് പറയുന്നത് പ്രത്യേക ഒരവസ്ഥയെക്കുറിച്ച് പറയുകയല്ല അദ്വൈതം എന്ന് പറയുന്ന ഒരവസ്ഥയെക്കൂടെ സമ്മർദ്ദിച്ച് കഴിഞ്ഞാൽ അത് അദ്വൈതം വരുന്നതുകൊണ്ട് അദ്വൈതമുണ്ട് ഇനി അദ്വൈതം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് അദ്വൈതഭാവം എന്ന് പറയുന്നു അതെന്താണോ പ്രപഞ്ച ഉപശമത്തിൽ അവശേഷിക്കുന്നു അതാണ് അതിനെ നമുക്കൊരവസ്ഥ എന്ന് വിശേഷിപ്പിക്കാൻ നോക്കത്തില്ല പ്രപഞ്ച ഉപശമം സംഭവിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതെന്തോ അത് അദ്വൈതഭാവം അതാണ് ഇതിന്റെ പ്രയോജനം അത് സംഭവിക്കുമോ അത് സാധ്യമാകുമോ അതിന് ദൃഷ്ടാന്തമായി സുഷുതി പറയുന്നു അതിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ പ്രപഞ്ചോപശമത്തെക്കുറിച്ചും അദ്വൈതഭാവത്തെക്കുറിച്ചും മറ്റും പറയുന്നത് സമാധി മൂർച്ഛ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും സാക്ഷികാരൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിലൂടെ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം അതൊന്നും സർവ്വസാധാരണമായ അനുഭവമല്ല സുഷുപ്തിയെക്കുറിച്ച് ഏത് മൂർഖനോടും പറയാം ശാസ്ത്രബോധമില്ലാത്തവനോടും പറയാം സാധന ഒന്നും ചെയ്യാത്തവനോടും പറയാം സമാധിയുടെ അനുഭവം വേണമെങ്കിൽ സാധന വേണം സുഷുദ്ധിക്കാതിന്റെ ആവശ്യമില്ല അവിടെ പ്രപഞ്ചോപശമം സംഭവിക്കുന്നു അത് ശാന്തപ്യത്തിനും മൃതാട്യത്തിനും എല്ലാം ഈ ഒരവസ്ഥയെ പ്രാധാന്യം കൊടുത്ത് പറയുന്നുണ്ട് അത് പൂർണമാകുമോ ചിലരെങ്കിലും ചിന്തിക്കും സുഹൃത്തിക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റുമോ കാരണം നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ അജ്ഞാനമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും കൊണ്ടു വരുന്നത് അപ്പൊ അവിടെ പ്രപഞ്ചഭൂഷമുണ്ടോ അജ്ഞാനമില്ലേ ഇത്തരം ചോദ്യങ്ങളും തർക്കങ്ങളും യുക്തികളും ഇതൊന്നും ഇതിനൊന്നും നിലനിൽപ്പില്ലാത്ത സ്ഥാനമാണ് സുഷൃതി എന്ന് പറയുന്നത് അതിനാണ് സുഷൃപ്തി എന്ന് പറയുന്നത് ഈ ചർച്ചകളല്ല എന്താണോ ജാഗ്രതയുടെ ജാഗ്രതത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വഴക്കുകൂടാം അവിടെ എന്തുണ്ട് എന്തില്ല പക്ഷെ സുഷുതിയെക്കുറിച്ച് നമുക്ക് ഇത്രയും സങ്കല്പിക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ സുഷുതിയെക്കുറിച്ചുള്ള നമ്മുടെ സ്മരണ ഇത്രയേ ഉള്ളൂ എന്താണ് പ്രപഞ്ചവശം അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും അവിടെ എന്തുണ്ട് എന്തില്ല ഇത്തരം വാദ കോലാഹലങ്ങൾ അവസാനിക്കുന്നിടമാണ് സുഷുതി എന്ന് പറയാം ഇതിന് എന്തുകൊണ്ട് ഈ വാദകോലാഹങ്ങൾ നടക്കുന്നു ഉണർന്നിരിക്കുന്നുണ്ട് ഉണർന്നിരുന്ന എന്തുമാകാം എന്തിനെക്കുറിച്ചും ചർച്ച ചെയ്യുക ഇവിടെ അതിനെക്കുറിച്ചുള്ള പറയുന്നത് പ്രപഞ്ചോപശമത്തെക്കുറിച്ചാണ് ആ പ്രപഞ്ചോപശമത്തിൽ പരിപൂർണ സ്വസ്ഥതയിലായി അതിൽ ആർക്കും വിവാദമില്ല സ്വപ്നത്തിൽ അസ്വസ്ഥതയുണ്ടായിരുന്നതിന് തർക്കമൊന്നുമില്ല പക്ഷെ അനിദ്രയിൽ സ്വപ്നരഹിതമായ നിദ്രയിൽ ആർക്കും യാതൊരു വാദകോലാഹലങ്ങളുണ്ടായിരുന്നില്ല അത് തന്നെയാണ് പരമമായ സ്ഥാനമായി ഇവിടെ പറയുന്നത് ചില ജോലിക്കൊ തുര്യനോ തുര്യൻ എന്താ ഇതുമാണ് പ്രപഞ്ചോപശമ രൂപത്തിലുള്ള അസുഹൃത്തയും പ്രപഞ്ചഭാന രൂപത്തിലുള്ള ഈ ജാഗ്രതം ഇതെല്ലാം അത് തന്നെ തുരിയേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതാണിതിന്റെ പ്രയോജനം പ്രപഞ്ച ഉപശമരൂപത്തിലുള്ള സ്വസ്ഥത അതാണിതിന്റെ പ്രയോജനം ദ്വൈതപ്രപഞ്ച അവിദ്യാകൃതത്വ വിദ്യയാ തതുപശമസ്യാതിരെ ബ്രഹ്മവിദ്യ പ്രകാശനായ അസ ആരംഭക്രിയതും പ്രധാനമായൊരു ചോദ്യം വരുന്നത് ഇതാണ് സുഷുതിയിൽ പ്രപഞ്ച ഉപശമവും പരിപൂർണ സ്വസ്ഥതയും സഹജമായി തന്നെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ശാസ്ത്രം എന്ത് പ്രയോജനമാണ് നൽകുന്നത് ശാസ്ത്രം കൊണ്ടെന്താ പ്രയോജനം അതിന്റെ ആവശ്യം എന്തല്ലോ അതിന് സമാധാനം പറയുന്നു ദ്വൈതപ്രപഞ്ച അവിദ്യാകൃതത്വം ദ്വൈതപ്രപഞ്ചം അവിദ്യാകൃതമാണോ അജ്ഞാന സൃഷ്ടിയാണ് ദ്വൈതപ്രപഞ്ചം ഒരു ജീവന്റെ അജ്ഞാനം ആ ജീവന് ഈ പ്രപഞ്ചത്തെ തോന്നിപ്പിക്കുന്നു അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ അറിവില്ലായ്മ നമുക്ക് നാലാ വിഷയങ്ങളിലുണ്ട് നമ്മൾ ഒന്നിനെ അറിയുമ്പോൾ ഒന്നറിയാതിരിക്കുന്നു അതെപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം അറിവും അറിവില്ലായ്മയും ഒത്തുചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അറിവില്ലായ്മ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ ചോദിക്കാം അപ്പോൾ അറിവോ അറിവന്തിനെ സൃഷ്ടിക്കുന്നു അറിവുണ്ടല്ലോ നമുക്ക് അറിവില്ലായ്മ മാത്രമല്ല അറിവന്തിനെ സൃഷ്ടിക്കുന്നു അറിവും പ്രപഞ്ചത്തെയല്ലേ സൃഷ്ടിക്കുന്നു എന്ന് ചിന്തിക്കാം ഇവിടെ പറയുന്നത് ഈ അറിവില്ലായ്മ ഈ അറിവുമുണ്ട് നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവില്ലായ്മയും ഈ അറിവും കൂടെ ചേർന്നാണ് നമ്മളിൽ ഇപ്പോൾ അറിവുകൊണ്ട് അറിവില്ലായ്മയുണ്ട് ഈ അറിവില്ലായ്മ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നല്ല പറയുന്നു ഈ അറിവില്ലായ്മ എന്തിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നാനാവിഷയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്തുകൊണ്ട് നമ്മളിൽ ഇപ്പോൾ നാനാവിഷയങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട് അതുകൊണ്ട് ആ നാനാവിഷയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട് ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയല്ല ഇതാണ് പ്രപഞ്ചം പിന്നെ ഏതറിവില്ലായ്മയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഈ രൂപത്തിലുള്ള അറിവും അറിവില്ലായ്മയുമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഇതിന് കാരണമായിരിക്കുന്ന ഒരറിവില്ലായ്മയാണ് പരമകാരണമായിരിക്കുന്ന അറിവില്ലായ്മ അതേത് അറിവില്ലായ്മയാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണോ അല്ല തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് തന്റെ വാസ്തവ സ്വരൂപത്തെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയുണ്ട് അതാണ് മൂലകാരണമായിരിക്കുന്നത് ആ അറിവില്ലായ്മയിൽ നിന്ന് അറിവും അറിവില്ലായ്മയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് പ്രപഞ്ചം ആ അറിവില്ലായ്മ നശിക്കണം എങ്ങനെയാണോ വെളിച്ചം ഇരുട്ടിനെ നശിപ്പിക്കുന്നത് അതുപോലെ തന്റെ സ്വരൂപത്തെ ബോധിക്കാതിരിക്കുന്ന അറിവില്ലായ്മ അത് നശിക്കണമെങ്കിൽ അവിടെ അറിവ് വേണം നശിക്കണമെങ്കിൽ വെളിച്ചം വേണം ലൗകികമായും അങ്ങനെയാണ് നമ്മളൊരു വിഷയത്തെ അറിയുന്നു അറിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നശിച്ചു അങ്ങനെ നമ്മൾ അറിവിനെ ആർജിച്ച് അറിവില്ലായ്മയെ നശിപ്പിച്ചുകൊണ്ടാണ് നിരന്തരം ജീവിക്കുന്നത് അതുപോലെ തന്നെ കുറിച്ചുള്ള ആ അറിവില്ലായ്മയെ നശിപ്പിക്കുന്ന അറിവേണം ആ അറിവ് ശാസ്ത്രത്തിലൂടെ ഉണ്ടാകുന്നു ആ അറിവ് ദ്വൈതപ്രപഞ്ചത്തെ നശിപ്പിക്കുന്നു ഉപശമിപ്പിക്കുന്നു അതുകൊണ്ട് സഹജമായി പ്രപഞ്ച ഉപശമം നമ്മളിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ആത്യന്തികമായ മോചനത്തിന് ഉപകരിക്കുന്നുണ്ട് വീണ്ടും ഈ സംസാര ദുഃഖത്തിലേക്ക് പെട്ടുപോകും പക്ഷേ തന്നിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്ന തന്റെ സ്വരൂപത്തെ തന്നിൽ നിന്ന് തന്നെ മറച്ചിരിക്കുന്ന ആ അറിവില്ലായ്മയെ നശിപ്പിക്കുന്ന അറിവ് ശാസ്ത്രത്തിലൂടെ ഉണ്ടായാൽ ഈ പ്രപഞ്ചവശമം ആത്യന്തികമായി സംഭവിക്കും പിന്നീടൊരിക്കലും ഈ പ്രതീതി ഉണ്ടാകാത്ത തരത്തിൽ ഇത് സംഭവിക്കും അതാണ് പരമമായ മോചനം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദൈതപ്രപഞ്ച അവിദ്യാകൃതത്വം തന്റെ തന്നെ അറിവില്ലായ്മ കൊണ്ട് തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഈ ദ്വൈതപ്രപഞ്ചം ആ ദ്വൈത പ്രപഞ്ചം എന്ന് പറയുമ്പോൾ എന്താ തന്റെ സങ്കല്പത്തിലുള്ള സർവവും ആ ദ്വൈത പ്രപഞ്ചത്തിൽപ്പെടുന്നു തന്റെ സങ്കല്പത്തിലുള്ള ജാഗ്രതും സ്വപ്നവും സുഷൃപ്തിയും തുര്യനും ഇനി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സർവവും തന്റെ സങ്കല്പത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെന്നെ അവിദ്യാപ്രതമാണോ വിദ്യ കതുവശമ സാ അത് വിദ്യ കൊണ്ടേ നശിക്കത്തും ഔപനിഷതമായ വിദ്യ കൊണ്ടേ നശിക്കത്തും അതിനാണ് ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രജന്യമായ അറിവ് വേദാന്തം എന്ന് ഇവിടഭാഷ്യതാരം പറഞ്ഞ അതിനായാണ് വിധി ബ്രഹ്മവിദ്യ പ്രകാശനായി അതിനാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ആ ബ്രഹ്മവിദ്യയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ിയതേ അതിനുവേണ്ടിയിട്ടാണ് ഭക്ഷ്യകാലം പറയുന്നു വിവംശത്തിന്റെ ആരംഭം ഭക്ഷ്യത്തിന്റെ ആരംഭം അതിന്റെ വ്യാഖ്യാന രൂപത്തിലുള്ള കാരികയുടെ ആരംഭമല്ല അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രം നിഷ്പ്രയോജനമല്ല അത് ആത്മവിചാരമാണ് ആത്മചിന്തനമാണ് തന്നെ ബാധിച്ചിരിക്കുന്ന അറിവില്ലായ്മയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് ഇത് ആരംഭിക്കുന്നു എന്നാണ് ഇത് പ്രയോജനമല്ല ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് വ്യർത്ഥമല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അത് മാത്രമല്ല ഇതാണ് മുഖ്യം എന്നുകൂടെയാണ് മോക്ഷിച്ചുവായ ഒരുവൻ ഈ സംസാര ബന്ധനത്തിൽ നിന്നും മോചിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജീവനാണ് ഏറ്റവും മുഖ്യമായിരിക്കുന്ന ഇത് തന്നെയാണ് ഇതിനൊരാൾക്ക് കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇതിന് പ്രാപ്തനല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു പല കാര്യങ്ങളും മുഖ്യമായിത്തീരും അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റു കാര്യങ്ങൾ മുഖ്യമായിത്തീരുന്നു ഇതിനൊരുവൻ പ്രാപ്തനാണെങ്കിൽ ആത്മചിന്തനത്തിന് അവനും മുഖ്യമായിട്ട് മറ്റൊരു കാര്യവും ചെയ്യാൻ അതിന് പ്രാപ്തനല്ലെങ്കിൽ മറ്റെന്തും ആകാം മറ്റു പലതിനും പ്രാധാന്യം വരും അതുകൊണ്ടിവിടെ പറയുന്നു ഭക്ഷകാരൻ പറയുന്നു ആത്മവിദ്യയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്നെ തന്നെ മറച്ചിരിക്കുന്ന ആ മറയെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്ര ആയാസം ഈ പ്രയത്നം ഇവിടെ ചെയ്യുന്നത് എന്നാണ് ഇത് വരുദ്ധമല്ല എന്നാണ് അതിന് വാസനയും അതിന് അഭിരുചിയും വിശേഷ എല്ലാം ഉള്ളവർക്കും ഇത് പ്രയോജനപ്പെടും അതിനുവേണ്ടി പറയുന്നു ശനി പറഞ്ഞ കാര്യം തന്റെ സ്വന്തം അഭിപ്രായമാണ് ആത്മവിദ്യ സംബന്ധിച്ച് ഭാഷകാരന് സ്വന്തമായ അഭിപ്രായം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത് പറയുന്നു എത്ര ഹിന്ദി ദ്വൈതമതി എത്രവാ അന്യ ദിവസ്യാത് തത്ര അന്യോ അന്യത് പശ്യേത് അന്യോ അന്യത് വിധാനീയാത് എത്ര അത് സർവം ആത്മൈവാഭൂത് കന കം പശ്യേത് കം വിജാനിയത് ഇയാദിശ്രുതിഭ്യോ അർത്ഥ സിദ്ധി തന്റെ കപ്പോലകൽപ്പിതമല്ല താൻ പറയുന്ന കാര്യങ്ങൾ സപ്രമാണമാണ് പ്രമാണത്തോടുകൂടിയതാണ് ഇങ്ങനെ പറയും അതുകൊണ്ടിവിടെ ശ്രുതിയെ പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത് എന്താണ് അത് പൂർവികന്മാരുടെ അനുഭവമാണ് യിഷുമാരുടെ അനുഭവമാണ് യശുമാരെന്ന് പറയുന്നവർ ആരാണ് ഈ മാർഗത്തിൽ അന്വേഷണം നടത്തിയവരും ഈ മാർഗത്തിൽ സത്യത്തെ കണ്ടെത്തിയവരും അവരുടെ അഭിപ്രായത്തിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതിനെ ആദ്യം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഭാഷകാരൻ തന്നെ ചർച്ച മുഴുവൻ ചെയ്യുന്നത് അവരോട് അനാദരവ് വരുന്ന ഒരക്ഷരവും ഒരിടത്തും പറയത്തില്ല അതുകൊണ്ട് പറയുന്നു ഇക്കാര്യം അവരും പറഞ്ഞിട്ടുള്ളതാണ് ബൃഹദാരുണ്യത്തിൽ ഇവിടെ പരാമർശിക്കുകയാണ് എത്ര ഹിദ്വൈതമയോ ഭഗവതി എവിടെയാണോ ഈ ദ്വൈതഭ്രാന്തി ഉണ്ടാകുന്നത് ദ്വൈതം യുവഭവം ദ്വൈതം അനുഭവപ്പെടുന്നുണ്ടല്ലോ അനുഭവത്തെങ്ങനെ നിഷേധിക്കാൻ പറ്റും അനുഭവത്തെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്ന അതാണ് നിഷേധം അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്നതാണ് അങ്ങനെ പറയുന്നത് ഇവിടെ പ്രപഞ്ചം ഇല്ല എന്നല്ല പറയുന്നത് എന്തുകൊണ്ട് അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ഇല്ല എന്ന് പറയുന്നത് പോലും പ്രപഞ്ചമാണ് അപ്പൊ എങ്ങനെ നിഷേധിക്കാൻ പറ്റും അവിടെ വ്യാഘാത ദോഷം പറ്റും ഒരാൾക്ക് പറയാം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് എന്താണ് എനിക്ക് നാക്കില്ല പക്ഷെ അതും പറയുന്നതിന് അവനെ യോഗ്യനാക്കുന്ന എന്താണ് ആ നാക്കു തന്നെയാണ് ഒരാൾ പറയുകയാണ് പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് നാക്കില്ല എന്ന് പറയുന്നതുപോലെയാണ് പ്രപഞ്ചമില്ലാതെ പ്രപഞ്ചം ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ടാണ് ദ്വൈതം ഇവ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവ പ്രപഞ്ചം ഇല്ല എന്ന് ചില അടുത്ത് പറയും ആസ്തിക അതിനൊക്കെ നോക്കുകയാണെങ്കിൽ വാച്ച് അർത്ഥം പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ആ പറയുന്നതിന്റെ പ്രപഞ്ചം ഇല്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും പ്രപഞ്ച നിഷേധിക്കുകയല്ല അദ്വൈതം പോരാത്തതാണെന്ന് ചിലർക്ക് തോന്നുന്നത് അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ വളരെ ദൃഢമായി അവന്റെ ഉള്ളിലിരിക്കുന്നുകൊണ്ടാണ് അവറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധരിച്ചിരിക്കും പ്രപഞ്ചം ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നു അതിങ്ങനെ പറയാൻ പറ്റും പ്രപഞ്ചം കാണുന്നതല്ല എന്നും മറ്റും ചോദിക്കും ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം അതല്ല ദ്വൈതം ഇവ എന്നുവെച്ചാൽ ഈ പ്രതീതിയെ അനുഭവത്തെ അല്ലെങ്കിൽ ഈ ഭ്രാന്തിയെ നിഷേധിക്കുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവന്റെ മുമ്പിൽ അത് നിഷേധിക്കുന്നു നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് ഉള്ളത് തന്നെ പിന്നെന്താ ഇല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അത് സത്യമല്ല എന്നേ പറയുന്നു ഇല്ല എന്ന് പറയുന്നത് സത്യമല്ല എന്ന് പറയുന്നത് രണ്ടും രണ്ട് കാര്യമാണ് സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ അനുഭവത്തിൽ നിന്റെ മുമ്പിൽ അത് കാണപ്പെടുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാം പരമാർത്ഥമാണെന്നോ ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും താല്പര്യം എന്തായിരിക്കും ആ പ്രതീതിയെ അനുഭവത്തെ നിഷേധിക്കലായിരിക്കും അത് യുക്തിക്കോ അനുഭവത്തിനോ നിരക്കുന്നതല്ല മറിച്ച് സത്യമല്ല എന്ന് പറഞ്ഞാലോ അത് നമ്മെ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ ഒരാൾ ചിന്തിക്കും എന്നാൽ ഇത് അന്വേഷിക്കാം സത്യമാണോ അസത്യമാണോ ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ അന്വേഷിച്ച് എങ്ങനെയെങ്കിലും അന്വേഷിച്ചാൽ പോരാ അതിന്റെ വഴിക്ക് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ച് ചൊല്ലുമ്പോൾ അയാൾക്കെന്ത് മനസ്സിലാകും ഈ ദ്വൈതം ദ്വൈതമ ഇത് സത്യം പോലെ അനുഭവപ്പെടുന്നു എന്നാൽ സത്യമുണ്ട് സത്യം പോലെ അനുഭവപ്പെടുന്നത് കൊണ്ട് ഇത് പരമാർത്ഥമല്ല എന്നാൽ ഇതുണ്ട് അനുഭവത്തിൽ ഉണ്ട് അപ്പോ നമ്മൾ ആ രീതി മനസ്സിലാക്കും എന്താണോ അദ്വൈതത്തിൽ പ്രപഞ്ചത്തെ നമ്മൾ ധരിക്കുന്ന രീതിയിൽ നിഷേധിക്കുന്നില്ല എന്നാൽ പരമാർത്ഥത്തിൽ നിഷേധിക്കുന്നുമുണ്ട് നമ്മളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരുദ്ദേശല്ല ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരുടെ ജ്ഞാനികളാണ് അങ്ങനെ അല്ലാത്തവർ ഉദ്ദേശിച്ച് പറയുക ഞങ്ങൾ മോശക്കാരാക്കിയെന്നും പറയും അല്ലാത്തവർ ഉദ്ദേശി പറയുന്നു ആരാണോ ഇതിനെക്കുറിച്ച് തെറ്റായി ധരിച്ചിരിക്കുന്നത് അവരെ ഉദ്ദേശിച്ച് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ വേദാന്തത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണ് പ്രപഞ്ചപ്രതീതി അല്ല നിഷേധിക്കുന്നു അതിന്റെ സത്യത്വത്തെ നിഷേധിക്കുകയാണ് ആ സത്യത്വത്തിൽ നിഷേധിച്ചാൽ ആ നിഷേധം ഏതുവരെ ചെന്നേക്കും ആത്യന്തികമായി ആത്യന്തികമായി ഇവിടെ പറയുന്ന പ്രപഞ്ച ഉപശമത്തിൽ ചെന്നയി ആ പ്രപഞ്ച ഉപശമത്തിൽ പിന്നെ അവിടെ അംഗീകാരവും നിഷേധവും സമർത്ഥനവിന്റെ നിഷേധമില്ലാത്ത അവസ്ഥയിൽ ചെന്നേ അവിടെ ശാന്തം ശിവം അദ്വൈതം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഒരു ദ്വൈത ചർച്ചയ്ക്കിടില്ല സത്താണോ അസത്താണോ പരമാർത്ഥമാണോ അപരമാർത്ഥമാണോ അങ്ങനൊരു ചർച്ചയ്ക്ക് ഇടയില്ലാത്ത ഒരു തരത്തിൽ ചെന്നെത്തും അതതിന്റെ അവൻ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന്റെ പരവുമായ അനുഭൂതിയിലൊക്കെ ചേരും അവിടെ പിന്നെ ഈ വാദകോലാഹലങ്ങൾക്കും തർക്കവിതർക്കങ്ങൾക്കും ഒന്ന് സ്ഥാനം അതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് ഇവ എന്ന് പറയും ഈ ദ്വൈതം പോലെ സത്യം പോലെ നിലനിൽക്കുന്നത് പോലെ പ്രതീതമാകുന്നു അതിന്റെ ഉപശമ സംഭവിക്കണം എത്ര വ അന്യത് ഇവ അവിടെയും പറയുന്നു ഇവ തന്നെയോ അന്യത് പശീത് അന്യോ അന്യത് വിജാനീയ ഇവിടെ നമ്മുടെ ഈ അനുഭവത്തിൽ അദ്വൈതത്തിൽ പറയാനുള്ള വ്യവഹാരമെന്ന് പറയും നമ്മുടെ ഈ അനുഭവ ഭൂമിക നാനാത്വത്തെ ഈ അവസ്ഥ ജാഗ്രത രൂപത്തിലും സ്വപ്ന പിന്നെ നമ്മൾ സുഷുത്തിയായി കൽപ്പിച്ചും തുരിയനായി സങ്കല്പിച്ചും ഒക്കെ ഈ ഒരവസ്ഥ അവിടെയാണ് അന്യോ അന്യത് ഞാൻ അവനെ കാണുന്നു അന്യനെ കാണുന്നു ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റും ഇതിനെ നിഷേധിക്കുന്നതാണോ വേദാന്തം അന്യോ അന്യത് പശി അന്യോ അന്യത് വിജാനീയ കാണുന്നു കേൾക്കുന്നു അറിയുന്നു ചിന്തിക്കുന്നു നിരന്തരം ഇതിങ്ങനെ അവന്റെ തന്നെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ജീവന്റെയും ഉള്ളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ സംഭവ പരമ്പര നമ്മൾ കരുതുന്ന രീതിയിൽ ഒരു തരത്തിലും സത്യത്വം ഉള്ളതല്ല മറിച്ചത് എത്ര സർവം ആത്മീവ എപ്പോഴാണോ വരുവന് സർവവും താനായി തന്നെ തീരുന്നത് സർവം ആത്മീവ അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നത് സർവവും താനായി തന്നെ തീരുന്നു അങ്ങനെ ഒരവസ്ഥയുണ്ടോ ഉണ്ട് നമ്മൾ വ്യക്തമായും കടന്നു പോകുന്ന ഒരവസ്ഥയാണ് അനുഭവിക്കുന്നു എന്ന് പറയാൻ ആരനുഭവിച്ചു എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ കടന്നുപോകുന്ന ഒരവസ്ഥയാണ് അവിടെ എന്ത് ചെയ്യുന്നു സർവം ആത്മാഭൂത് ഈ കാണുന്നതും കേൾക്കുന്നതും നേരത്തെ പറഞ്ഞ് അന്യോ അന്യ പശീത് അന്യോ അന്യ വിജാനിയാതെന്നെല്ലാം മർണിച്ച ഇതെല്ലാം താനായി തന്നെ തീർന്ന ഒരവസ്ഥ അതിനെ തന്നിൽ വിനയം പ്രാപിച്ചുവെന്നോ തന്നിൽ ഉപശമിച്ചുവെന്നോ എന്ത് വേണമെങ്കിലും പറയാം ആ ഒരവസ്ഥ അവിടെ അത് നമുക്കെല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഒരവസ്ഥ അങ്ങനെ ഒരവസ്ഥയെ കുറിച്ച് പരാമർശ ഉടൻ സ്മരിക്കണം എന്തിനെ സുഷൃത്തി ഗാഠനെതിരെ സമാധിയിലേക്കൊന്നും പോകണ്ട തലകുത്തിന്ന് സമാധി ഒന്നും ഉണ്ടാക്കണ്ട അത്രയും പരിശ്രമം ആവശ്യമില്ല വേദാന്തത്തിന് സമാധി ഉണ്ടാകണമെങ്കിൽ ഒത്തിരി വേറൊരുക്കണം ഉറങ്ങുന്നതിന് എന്ത് സുഖമുള്ള പണിയാണ് അപ്പൊ ഇവിടെ പ്രാധാന്യം ഉറക്കത്തിനാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉറക്ക പ്രിയന്മാർ ഭാഗ്യവാന്മാർ ദുവിധത്തിൽ അവിടെ അതാണ് പ്രധാനമായിട്ടും പറയുന്നത് അവിടെ എന്തു ചെയ്യുന്നു സർവം ആത്മീയവ ഭൂ അവിടെ ഈ കണ്ടുകൊണ്ടിരുന്നതെല്ലാം എവിടെ പോയി എങ്ങോട്ടെങ്കിലും പറന്നുപോകും ഇതെല്ലാം തന്നിലേക്ക് തന്നെ താൻ തന്നെ എല്ലാം തന്നിലേക്ക് അതിനെ വിലയിപ്പിച്ചെന്നോ അല്ലെങ്കിൽ തന്നിലേക്ക് ഓദിക്കുകയെന്നോ എന്തോ അവിടെ സംഭവിച്ചു അവിടെ താൻ മാത്രമായിരുന്നു താനില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതുകൊണ്ടാണിപ്പോ അതിനെക്കുറിച്ച് സ്മരിക്കാനും അതിനെക്കുറിച്ച് പറയാനും ഒക്കെ കഴിയും താനവിടെ പോയില്ല അത് ഉറപ്പാണ് മറ്റുള്ളതെല്ലാം പറയുന്നു സർവം ആത്മാവോ ഭൂ എല്ലാം താൻ തന്നെയായി തീർന്നു ആത്മാന്ന് പറയുമ്പോൾ എന്തോ ഒരു വസ്തുവായിട്ട് ധരിക്കരുത് തന്നെ കുറിച്ച് പറയുകയാണ് അവിടെ ഏത് കണ്ണുകൊണ്ട് ആരെ കണ്ടു ഏത് ചെവി കൊണ്ട് ആരോ കേട്ടു ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഏതേത് വിഷയങ്ങളെ അറിഞ്ഞു എന്നാ ചോദിക്കുന്നു അവിടെ ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ കണ്ടോ അറിഞ്ഞോ ഒന്നും ചെയ്തു എന്തുകൊണ്ട് സർവവും താനായി തന്നെ തീർന്നു അതാണ് പ്രപഞ്ചകോശം ആരെന്തിനെ അറിഞ്ഞു ഇത് ഗൃഹാരണ്യത്തിനും സുഷുക്തിയെക്കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ ഭാഗം വരുന്നത് അതുകൊണ്ടാണ് അതിന് സുഷുക്തിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഇത്യാദി ശ്രുതിഭ്യോസ്യ അർദ്ധ്യസിദ്ധി ഇങ്ങനെ നിരവധി ശ്രുതികൾ താൻ ഇവിടെ പറയുന്ന ഈ കാര്യത്തെ തന്നെ പറയുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ പൂർവ്വാചാര്യന്മാരുടെ അനുഭവത്തെ മുൻനിർത്തി മാത്രമാണ് താൻ സംസാരിക്കുന്നത് അല്ലാതെ ആകാശത്തു നിന്ന് പൊട്ടിവീണ വാർത്തയെ പറയുന്നതല്ല ആകാശവാണിയല്ല എന്നാണ് പറയുന്നത് ശ്രുതി ശരണനായി പറയുന്നത് എന്ന് ഭാഷകാരൻ തന്നെ പറയുന്നു ശ്രുതിയെ ഞാൻ പരവുമായി ശരണം പ്രാപിച്ചുകൊണ്ട് പറയുന്നു അതിന് നമുക്ക് പൂർവാചാര്യന്മാരുടെ അനുഭവമായിട്ട് ഉപയോഗിക്കും അവരും ഇതുതന്നെ പറയുന്നു അതിൽ നിന്ന് മാറി താനെന്നും നമ്മൾ ചിന്തിച്ചാൽ നമുക്കും പറയാൻ അതേ ഒരേ കാര്യത്തിൽ തന്നെ പറയുന്നു എല്ലാവരും ആ ഒരവസ്ഥ ഉപശമരൂപത്തിലുള്ള ഈ ഒരവസ്ഥ സഹജമായി പ്രാപിക്കുന്നത് ആത്മവിദ്യയിലൂടെ അജ്ഞാനത്തെ നശിപ്പിച്ചും ആകാം എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ആത്മവിദ്യയുടെ അതിനുവേണ്ടി വേദാന്തം സഹായിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും ഇവിടുത്തെ ശാസ്ത്രവും തമ്മിൽ പലതരത്തിലുള്ള പരസ്പര ബന്ധങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ വിഷയങ്ങളെ വിഭജിച്ചടുത്ത് പറയും തത്ത് താവത് ഓങ്കാരനിർണയായ പ്രഥമം പ്രകരണം ആഗമപ്രധാനം ആത്മതത്വ പ്രതിപത്യുപായഭൂതം ഇത് ഇരുന്നൂറിലധികം കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഷയങ്ങളെ നാലായി വിഭജിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതിന്റെ വ്യാഖ്യാനമാണ് ഈ കാര്യങ്ങൾ അതിൽ യുവൻഷത്തിന്റെ തന്നെ പ്രത്യേകതയാണ് ഓംകാരവും ആത്മാവുമായി ഇത്രയും ബന്ധപ്പെടുത്തി പറയും ഓംകാരത്തിന് നാല് പാദങ്ങൾ ആത്മാവിനും അതുപോലെ നാല് പാദങ്ങളെ കല്പിക്കുക എന്നിട്ടതിനെ അഭേദമായി ചിന്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതിലൂടെ ഓങ്കാര നിർണയായ എന്ന് പറഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി അത് നമ്മളിനി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രഥമം പ്രകരണം ആഗമപ്രധാനം ശ്രദ്ധിക്കു പ്രാധാന്യമുള്ള ഭാഗമാണ് ഏകാക്ഷര ശ്രദ്ധിയാണ് ഓം ഓമിന് പ്രാധാന്യം വന്നതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കു പ്രാധാന്യമായ ഓം ആണ് ശ്രുതി ഓമാണ് മുഖ്യശ്രുതി ബാക്കി വരുന്ന ശ്രുതികളെല്ലാം ഗുണശ്രുതി എന്ന് പറയും ആത്മതത്വപ്രതിപത്തി ഉപായഭൂതം ആത്മതത്വപ്രതിപത്തിമതത്വജ്ഞാനത്തിനുപായമാണ് ഓങ്കാരവും അതുപോലെ ആത്മതത്വപ്രതിപത്തിക്ക് ഉപായമാണ് യസ്യത പ്രപഞ്ച ഉപശമി അദ്വൈത പ്രതിപത്തി സർപ്പാദി വികൽപ്പശമേ രജ്ജു തത്വപ്രതിപത്തിവൈതപ്രപഞ്ച ഉപശമേ അദ്വൈതപ്രതിപത്തിവൈതപ്രപഞ്ചം ഉപശമിക്കുമ്പോ അദ്വൈതപ്രതിപത്തി ഉണ്ടാവും ആത്മവിദ്യയിലൂടെ അത് ഉപശമിക്കും അതിനൊരുദാഹരണം പറയുകയാണ് ഇതൊക്കെ സംഭവിക്കുമോ കാരണം ദ്വൈതത്തെ നിഷേധിക്കുന്ന ഏത് തരത്തിലാണെന്ന് പറഞ്ഞു നേരത്തെ ദ്വൈതം സത്യമല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വൈതത്തെ നിഷേധിക്കുന്നത് ദ്വൈതമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് സത്യമല്ല ദ്വൈതത്തിന്റെ പ്രതീതിയെ നിഷേധിക്കുകയില്ല ദൈതം പ്രതീതമായില്ല അല്ലെങ്കിൽ ദ്വൈതീ പ്രതീതമാകുന്നില്ല എന്ന് പറയുകയാണ് ഏതെങ്കിലും സമയത്ത് നമുക്ക് ദുരിതം പ്രതീതമാകാതെ വന്നാൽ അത് ദ്വൈതം പ്രതീതമാകുന്നില്ല എന്ന് നമുക്ക് പറയാനും കഴിയത്തില്ല ഉദാഹരണം സുസത്തിയിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ലതാ എനിക്ക് ഞാൻ ആത്മാവാണ് എനിക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല ഇതെന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല അപ്പൊ ദ്വൈത പ്രതീതി ഉള്ളിടത്തോളം കാലം നമുക്ക് പരമാവധി പറയാൻ കഴിയുന്ന എന്താണ് ഇത് സത്യമല്ല എന്നെ പറയാൻ കഴിയത്തുള്ളൂ അങ്ങനെ പറയുമ്പോ അതിനെന്താ യുക്തി എവിടെയെങ്കിലും യുക്തി പ്രയോഗിക്കണമെങ്കിൽ അവരെ നിയമാണെന്താണ് അതിനൊരുദാഹരണം വേണം ഉദാഹരണം കൂടാതെ നമുക്കൊരു യുക്തി ഒരിടത്തും പ്രയോഗിക്കാൻ പറ്റത്തില്ല ഒരു യുക്തിക്ക് വേണ്ടി ഇവിടെ ഉദാഹരണം പറയുന്നതാണ് യുക്തിപരമായ അക്കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്ന പറയുന്നു സർപ്പാദി വകൽപ്പശമി രജ്ജു തത്വ പ്രതിപത്തി ഇതിനെക്കുറിച്ചും തല തിരിച്ചു ചിന്തിക്കരുത് സർപ്പാദി വകല്പങ്ങൾ ഉപശമിക്കുമ്പോൾ രജ്ജുവില സർപ്പം ശുദ്ധിയില രജതം ഇതൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് ഇത് നൈമിശികളായ ഭ്രാന്തികളാണ് നിമിഷങ്ങളുടെ അംശത്തിൽ സംഭവിക്കുന്ന വെറും തോന്നലുകളാണ് ഭ്രാന്തി ഭ്രാന്തി എന്ന് പറയും സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കും ദീർഘമായ ഈ പ്രപഞ്ചാനുഭവം ബാല്യം യൗവനും ിൽ ദീർഘകാലമായി വാർദ്ധക്യം മരണം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചാണ് അതിന്റെ ദീർഘകാലത്വം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ദീർഘസത്യത്വം അനുഭവപ്പെടുന്നുണ്ട് വിശ്രൃതമായ ദേശബോധം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ അനുഭവത്തെ ഏതെങ്കിലും ഒരു നിമിഷ അംശത്തിൽ തോന്നുന്ന ഒരു അനുഭവം കൊണ്ട് എങ്ങനെ നിഷേധിക്കാൻ പറ്റും രജുസർപ്പം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ തള്ളിക്കളയുന്നു പറയുന്നത് ബാലിശമല്ലേ എന്ന് ചോദിക്കും തീർച്ചയായും ചോദ്യവും ബാലിശമാണ് എന്തുകൊണ്ട് ഒരിക്കലും രജ്ജസർപ്പം പോലെയുള്ള ഉദാഹരണങ്ങളെ കാണിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നിഷേധിക്കുകയോ പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല വേദാന്തത്തിൽ അങ്ങനെ പറയുന്നില്ല നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ നമ്മളെങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന എങ്ങനെ അദ്വൈതം രജ്ജുവല സർപ്പം ഭ്രാന്തിയാണ് അതുപോലെ ഈ പ്രപഞ്ചവും ഭ്രാന്തിയാണോ ഒന്നുകൂടി നമ്മൾ ചേർത്ത് പറയും രജ്ജുവല സർപ്പം ഭ്രാന്തിയാണോ അതുകൊണ്ട് ഈ പ്രപഞ്ചവും ഭ്രാന്തിയാണ് അങ്ങനെയല്ല പറയും പ്രപഞ്ചം സത്യമല്ല പ്രപഞ്ച ഉപശമത്തിൽ ശിവം ശാന്തം ഇത്തരം സിദ്ധാന്തങ്ങൾ ശ്രുതിയുടെ പ്രമാണത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിന്റെ ബലത്തിൽ ഉറപ്പിച്ചിട്ട് അത് പാഴ്ബുദ്ധികൾ എന്ന് വേണമെങ്കിൽ പറയാം സാമാന്യ ബുദ്ധികൾ അത് ആ തരത്തിൽ പറയുന്ന തരത്തിൽ ആചാര്യൻ പറയുന്ന തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാമാന്യ ബുദ്ധികൾക്ക് അത് ഏതുപോലെ ആയിരിക്കും എന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പറയുന്നത് ഈ രജ്ജു സർപ്പ ഉദാഹരണം അതാ രജ്ജൂര സർപ്പം ഭ്രമമായതുകൊണ്ട് പ്രപഞ്ചം ഭ്രമം എന്നല്ല പറയുന്നത് തിരിച്ചു ധരിക്കുന്നു പറയുന്നതാണ് നേരെ വിപരീതമാണ് ഉദ്ദേശിക്കുന്നത് ഇതങ്ങനെ ആചാര്യത്തിന്റെ അനുഭൂതിയെക്കുറിച്ചാണ് പറയുന്നത് ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിന് പാരമാർത്ഥികമായൊരു നിലനിൽപ്പില്ല ഇത് തന്റെ അനുഭവമാണ് പക്ഷെ ഈ അനുഭവത്തെ ഏതെങ്കിലും തരത്തിൽ ശ്രോതാവിനൊന്ന് ബോധ്യപ്പെടുത്തണം അവന് ബോധിക്കുന്ന ഒരു ഉദാഹരണത്തെ പറയുന്നു ആ ഉദാഹരണം പരമാത്മ തലത്തിൽ നിന്നാകാൻ ആയാൽ അതുകൊണ്ട് പ്രയോജനമില്ല അവന് പരമാത്മാവിന് എന്താണെന്നോ ഏതാണെന്നോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ ഉദാഹരണം അവന്റെ തരത്തിൽ നിന്നായിരിക്കും അവന്റെ തരത്തിൽ എന്ന് പറയുമ്പോൾ ദ്വൈതത്തിന്റെ തലത്തിൽ അവന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം പറയുന്നു അത് ഇതുപോലെയാണെന്നാണ് പറയുന്നത് ഇതുകൊണ്ടത് അങ്ങനെയെന്നല്ല പറയുന്നു എന്റെ അനുഭൂതിയെ നീ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും എന്ന് ഞാൻ പറയുന്നതിന് സർപ്പം കല്പിതമാണ് അതുകൊണ്ട് പ്രപഞ്ചവും കൽപിതമെന്നല്ല പറയുന്നു അത് യുക്തിചിന്തയുടെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണ് ഒരിക്കലും ദൃഷ്ടാന്തത്തിലൂടെ ദാഷ്ടാന്തികത്തെ സമർത്ഥിക്കുന്നില്ല ഉദാഹരണത്തിലൂടെ വസ്തുതയെ സമർപ്പിക്കുന്നില്ല ഇത് നൈയായികന്മാരും മറ്റും അംഗീകരിച്ചിട്ടുള്ള യുക്തിയുടെ പ്രഥമപാഠമാണ് അതുകൊണ്ട് രജിസ്റ്റർ ഫും കേൾക്കും പരിഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് പ്രപഞ്ചമൊന്നും പറഞ്ഞൊന്നും ധരിക്കില്ല എന്റെ അനുഭവത്തിൽ ഈ പ്രപഞ്ചം ഇത്രയോ തുച്ഛമാണ് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ മനസ്സിലാക്കുക എന്നാ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം ഇത് മനസ്സിവെച്ചുകൊണ്ട് വേണം ഇനി വരുന്ന രജ്ജസർപ്പങ്ങളെല്ലാം നേരിടേണ്ടത് എന്തെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാവും അതാണ് സർപ്പാദി വികല്പ ഉപശമി രജിതത്വ പ്രതിപത്തി ഈ വകല്പങ്ങളെല്ലാം ഉപശമിക്കുമ്പോ അവിടെ അതിന്റെ പരമാർത്ഥം മനസ്സിലാക്കുന്നു അതുപോലെ എന്താണോ ഈ ആത്മവിദ്യയിലൂടെ ഈ അജ്ഞാനം നശിക്കുമ്പോ നിനക്ക് നിന്റെ വാസവും പിടികട്ടു അപ്പോ മനസ്സിലാകുന്നു എന്താണോ ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും പരമാർത്ഥമല്ല എന്ന് മനസ്സിലാകും തസ് ദ്വൈത ഹേതുതോ വൈദഗ്ധ്യ പ്രതിപാദനായ ദ്ധീയം പ്രകരണം ഈ ദ്വൈതത്തെ അനേക യുക്തികളിലൂടെ ശിഷ്യനും ബോധിക്കത്ത തലത്തിൽ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ പ്രകടനം വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ മിഥ്യ എന്നർത്ഥം കൽപ്പിതം എന്നർത്ഥം ാപ്ത യുക്തിഥാത്വദർശനായ തൃതീയം പ്രകടനം സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ എന്ന് പറയുന്നു ബ്രഹ്മസത്യം ജഗത് മിഥ്യ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മവും എന്തുകൊണ്ട് മിഥ്യ ആയിക്കൂട അതും ആകാമല്ലോ പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ ബ്രഹ്മവും മിഥ്യ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ചോദിക്കുന്നത് അത് മറ്റൊരു കാര്യം എന്തായാലും മനസ്സിലാക്കിയെന്ന് ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രപഞ്ചം മിഥ്യയാകാമെങ്കിലും എന്തുകൊണ്ട് ബ്രഹ്മവും മിഥ്യ ആയിക്കൂട്ട അതിനു സമാധാനം പറയുന്നു തഥാ അദ്വൈതശ്യാവി വൈദഗ്ധ്യ പ്രസംഗപ്രാപ്തവും അദ്വൈതത്തിനും മിഥ്യാത്വം പ്രാപ്തമാകാം ഒരാൾ യുക്തിയിലൂടെ മിഥ്യാത്വത്തെ അദ്വൈതത്തിനും കൊണ്ട് എത്തിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ യുക്തി യുക്തി കൊണ്ട് തന്നെ ദർശനായ അങ്ങനെയല്ല അത് സത്യമാണ് അദ്വൈതം സത്യമാണ് എന്നുള്ളത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൃതീയം പ്രകരണം മൂന്നാമത്തെ പ്രകരണം അദ്വൈതപ്രകരണം അദ്വൈത പ്രതിപക്ഷ ഭൂതാനി യാനി ൈദക അന്യൂന്യ വിരോധിവാരേവ നിരാകരണമായ ചതുർം നാലാമത്തെ പ്രകടനം അലാധാന്തി പ്രകടനം എന്തിനുവേണ്ടിയെന്ന് പറയുന്നു അദ്വൈതൂ അദ്വൈതം സത്യമാണ് തധാതി സത്യത്വബോധം അതിന് പ്രതിപക്ഷ ഭൂതാനിന് വിരോധമായിരിക്കുന്ന യാനി വാദാന്തരാണി വാദിക്കുന്നവരുടെ കയ്യിൽ ഏതിനും ഉണ്ട് വാദങ്ങളുണ്ട് അതല്ല അവൈദികാനി പൂർവാചാര്യസമ്മതമല്ല തീ വാദങ്ങൾ അദ്വൈതവും സത്യമല്ല എന്ന് പറയുന്ന വാദങ്ങൾ അന്യോന്യവിരോധിത്വ പറയുന്നു അതിനെ അദ്വൈതം നിഷേധിക്കേണ്ട കാര്യമില്ല ിൽ നിന്ന് പരസ്പരം വിവതിച്ച് നിഷേധിക്കും തർക്കിച്ച് നിഷേധിക്കും തേഷാം അന്യോന്യവിധിത്വ അതഥാർത്ഥത്വേനാ അതൊന്നും സത്യമെന്താ ദ്വൈതത്തെ അദ്വൈതിക്ക് ഒരിക്കലും നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് ദ്വൈതം അതിനെ നിഷേധിക്കുന്നതിന് സ്വയം പര്യാപ്തമാണ് പിന്നെ അദ്വൈതി എന്തിന് അതിനുവേണ്ടി പ്രയത്നിക്കണം ദ്വൈതത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്ത് തന്നെ ദ്വൈതി പറഞ്ഞാലും അത് അതിനെ നിഷേധിച്ചു അതാണ് അദ്വൈതിയുടെ നിലപാട് അത് അദ്വൈതത്തിൽ ഒരിടത്തും ദ്വൈതത്തെ പരമാർത്ഥത്തിൽ നിഷേധിക്കേണ്ട ആവശ്യം ദ്വൈതത്തെ നിഷേധിക്കാൻ വേണ്ടി അദ്വൈതി പറയുന്ന വാദമുഖങ്ങളെല്ലാം ദ്വൈതികളുടെ തന്നെ വാദങ്ങളാണ് അദ്വൈതിയുടെ അല്ല അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ശങ്കരാചാര്യർ ആരെയും ഖണ്ഡിച്ചിട്ടില്ല നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ് ശങ്കരാചാര്യ വലിയ വാദപ്രതിവാദം നടത്തിയ ആളാണ് എല്ലാവരെയും ഖണ്ഡിച്ച് അദ്വൈതം സമർത്ഥിച്ച ആളാണെന്നൊക്കെ നമ്മൾ ഒരു ഒഴുക്കം വട്ടി പ്രസംഗിക്കാറുണ്ടല്ലോ അതൊന്നും സത്യമല്ലെന്നാണ് ഇവിടെ ഇപ്പം പറയുന്നത് ശങ്കരാചാര്യെന്നെ പറയുന്നു താൻ വാദിച്ചിട്ടില്ല താൻ ആരെയും ഖണ്ഡിച്ചിട്ടുമില്ല പിന്നെ ഈ ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ താൻ അദ്വൈതിയാണ് ഈ ഖണ്ഡന മണ്ഡലങ്ങളെല്ലാം ദ്വൈതികളുടെയാണ് അവരുടെ വാദമുഖങ്ങൾ കൊണ്ട് അവര് പരസ്പരം ഖണ്ഡിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തു നിന്നേ അല്ലാതെ തനിക്ക് അദ്വൈതത്തിലെങ്ങനെ വാദം നടക്കും എങ്ങനെ ഖണ്ഡനം നടക്കും എങ്ങനെ മണ്ഡലം നടക്കും ഒന്നും അദ്വൈതത്തിൽ നടക്കത്തില്ല അതെല്ലാം ദ്വൈതത്തിൽ നടക്കും അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളു ദ്വൈതികൾ പരസ്പരം വാദമുഖങ്ങൾ കൊണ്ട് പരസ്പരം കണ്ണിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് അദ്വൈതി അവരെയൊക്കെ കണ്ണിച്ചതെന്ന് പറയുന്നു വിവരൊക്കെ ഇടുന്നില്ല അത് എന്തു പറയണം എന്നാണ് അവരുടെ യുക്തികൾ കൊണ്ട് തന്നെ ആരുടെ ദ്വൈതികളുടെ അദ്വൈതത്തെ നിഷേധിക്കുന്നവരുടെ യുക്തികൾ കൊണ്ട് തന്നെ നിരാകരണായ പരസ്പരം നിരാകരിക്കുന്നത് അത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ചതുർത്ഥം പ്രകടനം ഈ നാലാമത്തെ അലാധശാന്തി പ്രകരണം ഭാഷകാരനും ഗൌഢപാദാചാര്യനും എല്ലാം അത് നമ്മളെ കാണിച്ചു തരുന്നുള്ളൂ അവരുടെ യുക്തിയിൽ വരുന്ന പോരായ്മകൾ എടുത്തു കാണിക്കുന്നു ഇവരിങ്ങനെ പറയുന്നു മറ്റവരിങ്ങനെ പറയുന്നു ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ശരിയല്ല ദ്വൈതം ഒന്ന് ഒന്നിന് നിഷേധിക്കും ഒന്ന് ഒന്നിനെ സമർത്ഥിക്കാനും മറ്റൊന്നിനെ നിഷേധിക്കാനും ശ്രമിക്കും പരസ്പരം നിഷേധിച്ചു അതാണ് അദ്വൈതിയുടെ നിലപാട് അവിടെ അദ്വൈതിക്ക് സംബന്ധിച്ചിടത്തോളം ആരോടും ഖണ്ഡനത്തിനോ മണ്ഡലത്തിനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല അത് അവർ തന്നെ ചെയ്തുകൊടുക്കും അത് ശങ്കരാചാര്യരെ അങ്ങനെ ആരെയും എതിർത്ത് തോൽപ്പിച്ചിട്ടില്ല വാദപ്രതിവാദം നടത്തിയിട്ടില്ല നടത്തിയിട്ട് സർവജ്ഞ പീഠത്തിൽ കയറിയിട്ടില്ല അതെല്ലാം അബദ്ധമാണെന്ന് ഇപ്പോൾ സ്വയം തന്നെ പറയുന്നു എന്നാലെങ്കിലും നമുക്ക് ബോധ്യമാകട്ടെ എന്ന് കരുതിയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മറ്റുള്ളവർ ചെയ്തതാണോ ശങ്കരായ പേരിൽ ഇതൊക്കെ ആരോപിച്ചാണ് വാദിയാണെന്നും ഖണ്ഡനം നടത്തിയെന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞു പരത്തിയാണ് താൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അതാണ് പരമാർത്ഥം നിത്യേഷ പരമാർത്ഥത അവസാനം പറയും കരികയിൽ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ആരും ചിന്തിച്ചു കളയാ അദ്വൈതം എന്ന് പറയുന്ന പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ വാദത്തിനും കണ്ഡനത്തിനും മണ്ഡലത്തിനുമൊക്കെ പോകണമോ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊന്നും ആര് ചിന്തിക്കേണ്ട അതിന്റെയൊന്നും ആവശ്യമില്ല ആരും അതിനൊന്നും ഒരുമ്പടിയും വേണ്ട അത് ചെയ്യേണ്ട ആൾക്കാരുണ്ട് അവരത് ചെയ്തോളും വേണമെങ്കിൽ അതെന്താണെന്ന് നോക്കിക്കാണുക അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആത്മനിഷ്ഠ മാത്രമേ ഉള്ളൂ അതിന് വാദപ്രതിവാദങ്ങളുടെയൊന്നും ആവശ്യമില്ല അതാണ് ഇവിടെ പറയുന്നത് അവിടെ എന്താണ് പ്രപഞ്ചോ കുശമം ശാന്തം ശിവം അദ്വൈതം എന്നൊക്കെ അതിനെ കുറിച്ച് പറയാനുള്ളു അവിടെ എന്തിനാണ് നിഷേധിക്കുന്നത് ഒന്നിനെയും നിഷേധിക്കുന്നുണ്ടു പറഞ്ഞതിന്റെ ചുരുക്കത്തെ കുറിച്ചിവിടെ പറഞ്ഞിരിക്കുകയാണ് അടുത്തുവിടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഭാഷതാരം കഥം പുനരോങ്കാര ആത്മതത്വപ്രതിപത്തി ഉപായത്വം പ്രതിബദ്ധ ഓങ്കാര നിർണയവും ആത്മതത്വപ്രതിപത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഓങ്കാരവും ആത്മബോധവും തമ്മിലുള്ള ബന്ധം ഓങ്കാര നിർണയം ഇവിടെ ഇനി ചർച്ച ചെയ്യുന്നു അകാരം ഉകാരം അകാരം അമാത്ര എന്നുള്ള പറഞ്ഞു ഓങ്കാരത്തെക്കുറിച്ച് പറയുന്നു വിശ്വത്തെ എന്ന് പറഞ്ഞ ആത്മാവിനെ കുറിച്ച് പറയുന്നു അപ്പൊ അതിന് ഈ ഓങ്കാര ചർച്ച ഇതെങ്ങനെ ഉപകാരപ്പെടുന്നു ഓങ്കാരവും ആത്മതത്വമായിട്ട് എന്താ ബന്ധം മാണ്ടൂക്യത്തെക്കുറിച്ച് പറയുമ്പോ എന്താണ് മാണ്ഡൂക്യം ഏകം ഏവ അലം ആത്മതത്വ പ്രതിപത്തയെ മുമുക്ഷുണാം വിമോക്ഷയെ എന്നെല്ലാം പറയും മാണ്ഡുക്യം എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഉപനിഷത്ത് മതി മണ്ഡുക്യം ഏകമേവ അലം മാണ്ഡുക്യം എന്ന് പറയുന്ന ഈ ഒരു ഉപനിഷത്ത് മാത്രം മതി മമുക്ഷുണ വിമോക്ഷയെ ഒരുവൻ പരമാർത്ഥമായും വാസ്തവമായും സംസാരമോചനത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇതൊന്നു മാത്രം മതിയുന്നു എന്തുകൊണ്ട് ആത്മനിഷ്ഠമായി മറ്റു മനുഷ്യത്വങ്ങളിലെന്ന് വെച്ചാൽ അവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഉപാസനകളെ കുറിച്ചുള്ള എന്തുകൊണ്ട് എന്തുകൊണ്ട് ചർച്ചകൾ പലതരത്തിൽ ആത്മതത്വത്തെ വിശദീകരിക്കുന്നു ഇവിടെ അതൊന്നുമല്ല ഇവിടെ നേരിട്ട് അല്ലേ നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അപരോക്ഷാനുഭവം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വളഞ്ഞി തിരിഞ്ഞൊന്നും പോകുന്നില്ല പല അധികാരികളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുന്നില്ല ആരാണോ ഇത് അർത്ഥിക്കുന്നത് മോക്ഷാർത്ഥിക്കുന്നത് അവന് വേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയുന്നു അതിനുള്ള ഒരു ഉപായവും അവന് കൊടുക്കുന്നു ഓങ്കാരം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഏകമേവ അലം ഇതൊന്നും മാത്രം മതി മുമോക്ഷുണാം മോക്ഷക്കളുടെ വിമോക്ഷത്തിന് വേണ്ടി അതിനുവേണ്ടി ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്താണ് ഓങ്കാരത്തെയാണ് ഓങ്കാര എങ്ങനെ സഹായിക്കുന്നു അതാണ് പറയുന്നത് ഓങ്കാര നിർണയ ആത്മതത്വ പ്രതിപത്തിപായത്വം പ്രതിപദ്ധ്യ ഇനി വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഓങ്കാരവും ആത്മതത്വവും തമ്മിലുള്ള അതിന് മറ്റു ശ്രുതികളിവിടെ പ്രമാണമായി പറയുന്നു ഇവിടെ മാത്രം പറയുന്നതല്ല മറ്റു ശ്രുതികളിൽ ഇതിനെ പരാമർശിക്കുന്നുണ്ട് ഇവിടെ അതിനെ മുഖ്യമായി ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ ഓമിത്യേത് ഏതത് ആലംബനം ഏതത്വ സത്യകാമ ഓമിത്യാത്മാനം യുജീത ഓം ഇതി ബ്രഹ്മ ഓംകാരയവേദം സർവം ഇത്യാദിശ്രുഭ്യ ഇങ്ങനെ നിരവധി ശ്രുതികളിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് നമ്മൾ തുടർന്ന് വെച്ചി ശാന്തി Oh, let's say whatever you want. Oh, let's say whatever you want.